അധ്യായം നാൽപ്പത്തിയഞ്ച് അൽ ജാസിയ മക്കയിൽ അവതരിച്ചത് സമുദായങ്ങൾ മുട്ടുകുത്തി നീങ്ങുന്നതിനെപ്പറ്റി ഇരുപത്തിയെട്ടാം വചനത്തിലുള്ള പരാമർശമാണ് ഈ നാമകരണത്തിന് നിദാനം ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കൽ നിന്നാകുന്നു തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലും വിശ്വാസികൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് وَفِي خَلْقِكُمْ وَمَا يَبُثُ مِن جَابَّةٍ آيَاتٌ لِقَوْمِهِ يُوْقِنُونَ نِنْغَ لُوْتَ سْرِفْتِي پِلُمْ جَنْدُ جَالَنْغَلَيْهِ أَوَنْ بِنْيَ سِكْنَّ دِلُمُ وَنْدُ دِرِتْتَمَاهِي بِشْوَ سِكْنَّ جَنَنْغَلْكُ پَلَ دِرِفْتَانْ دَنْغَلَيْهِ واختلاف الليل والنهار وما انزل الله من السماء من رزق فاحيا به الارض بعد موتها فاحيا به الارض بعد موتها وتصريف الرياح ايات لقوم يعقلون راهم பகلهم ماري ماري ورن دلم الله اغاثتنين بعجيهن يرقي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 ശിക്ഷെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക നമ്മുടെ തെളിവുകളിൽ നിന്ന് വല്ലതും അവൻ അറിഞ്ഞാലോ അവനത് ഒരു പരിഹാസ വിഷയമാക്കിക്കളയുകയും ചെയ്യും അത്തരക്കാർക്കാകുന്നു അപമാനകരമായ ശിക്ഷ അവരുടെ പുറകെ നരകമുണ്ട് അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ളതോ അള്ളാഹുവിനു പുറമെ അവർ സ്വീകരിച്ചിട്ടുള്ള രക്ഷാധികാരികളോ അവർക്ക് ഒട്ടും പ്രയോജനം ചെയ്യുകയില്ല അവർക്കാണ് കനത്ത ശിക്ഷയുള്ളത് ഇത് ഒരു മാർഗദർശനമാകുന്നു തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിച്ചവരാരോ അവർക്ക് കഠിനമായ തരത്തിലുള്ള വേദനയേറിയ ശിക്ഷയുണ്ടത്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 രക്ഷാകർത്താവാകുന്നു ഇത് മനുഷ്യരുടെ കണ്ണു തുറപ്പിക്കുന്ന തെളിവുകളും ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു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 ും പറയുക അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കുന്നു പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നീട് ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല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 അന്ന് എല്ലാ സമുദായങ്ങളെയും മുട്ടുകുത്തിയ നിലയിൽ നീ കാണുന്നതാണ് ഓരോ സമുദായവും അതിന്റെ രേഖയിലേക്ക് വിളിക്കപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും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 ആകാശങ്ങളിലും ഭൂമിയിലും അവനു തന്നെയാകുന്നു മഹത്വം അവൻ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാൻ